ലോക അവസാനത്തിന്റെ അലയാലത്തിൽപ്പെട്ടതാണ് അയ്യ ലഹറ മൗതുൽ ഫുഖാ. setChecked മരണം അധികരിക്കുന്ന ലോകത്തിൽ വേണ്ടപ്പെട്ട സൂഫി സക്കർവാലത്തിലെ സൂര്യദേഹതുകൾ ഈ ദുനിയാവിന്റെ തന്നെ നിലനിൽപ്പിൻ ആധാരമായവർ ഇതൊക്കെ വളരെ കൂട്ടി വായിക്കേണ്ടതാണ് നല്ല നല്ല ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവുക സഹോദരങ്ങളെ മലയാള മനസ്സിൽ ഒരു നരവിനാദിന്റെ മനോഹാരിതയോടെ പെന്തിിച്ചിരീഹിച്ച് അതിനേക്കാൾ വലിയ അമ്പിളി തിങ്കൽ താര പോലെ മരിച്ചുപോയ സയ്യിദ് ഹോ സ്ഥാപിക്കപ്പെട്ടത് പൊട്ടുന്ന സഹോദരങ്ങളെ മഹാന്മാരായ ആളുകൾ പെട്ടെന്ന് പറഞ്ഞു പോവുക ഒരൊറ്റക്കാരി വേണ്ട ചെറുപ്പക്കാർ ഓർക്കണം പൊന്നമോനെ നിനക്ക് വേണ്ടിയല്ല ദുര്യാവിനെ അള്ളാഹു നരനിർത്തിയിരിക്കുന്നു ഈ സൂര്യൻ കിഴക്ക് നിന്നൊരിച്ച് പതിവ് പോലെ പടിഞ്ഞാറസ്മിക്കുന്നു മഞ്ചിക്കുന്ന പരിസമരിക്കുന്ന വ്യഭിചരിക്കുന്ന റബളി മാത്രം പള്ളിയിൽ കയറുന്ന പൊന്നമക്കളെ നിങ്ങൾക്ക് വേണ്ടിയല്ല വല്ലപ്പോഴും നടയിൽ തട്ടപ്പെടുന്ന നിനക്ക് വേണ്ടിയല്ല അമ്മാനിയാവിനെ തകരാതെ നനനിർത്തിയിരിക്കുന്ന കാര്യമേടാ ൂ ബില്ല പരിഹസിക്കേണ്ടതല്ല ഈ നരച്ചതാടിയുള്ള ആയിരക്കണക്കിന് ചെയ്തന്മാർ അല്ലാത്തതാന്ന് പരസറ പിന് വീടിന്റെ കോരായിരുന്ന ആയിരക്കണക്കിന് വയോവൃദ്ധന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ ഉമ്മയുടെ അടിത്തത്തിലിരുന്ന് മൊരപ്പാല് പിടിക്കുന്ന പിഞ്ചു ആ കുഞ്ഞുങ്ങൾ ഈ ദുനിയാവിൽ ഇല്ലാതിരുന്നവെങ്കിൽ വനാന്തരത്തിലൂടെ നടക്കുന്ന വന്യമൃഗങ്ങൾ ായിരുന്നെങ്കിൽ അമ്മാവിൻ രക്ഷ ലോകാവസാനം എന്നേ ഇവിടെ വന്നെത്തുമായിരുന്നു അതുകൊണ്ട് മലപ്പുറത്തെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് സഹോദരങ്ങൾ സയ്യിദ് മുഹമ്മദ് അലീ സിഹാബ് തങ്ങളുടെ മരണം ഉമർ അലി സിഹാബിതങ്ങളുടെ മരണം മരണം ഈ ായ സൂഫിമാരുടെ മഹാനാരായ സൂക്ഷിമാരുടെ കേരളത്തിലെ എത്ര എത്രയോ പണ്ഡിതന്മാർ അവര് മണ്ണിന്റെ അടിക്കപ്പെട്ടു സമയത്ത് നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഒരൊറ്റ കാര്യം ഓർമ്മിച്ച് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വയസ്സ് ജന്മ കാരണവരുമുണ്ട് ആശ്വസിക്കല് അവരാണ് ഞങ്ങളുടെ വീടിന്റെ ആണിക്കല് ഈ നരച്ച വൃദ്ധനെ കൊണ്ടാണ് അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ അധികരിക്കേണ്ടതല്ല വൃദ്ധസദനങ്ങളുടെ അടച്ചുപൂട്ടട്ടെ വൃദ്ധസദനങ്ങളുടെ വാതിലുകൾ അടച്ചുപൂട്ടട്ടെ കേരളത്തിൽ ഏറ്റവും തരച്ചു വളരുന്നത് ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജാണ് മറ്റൊന്ന് മെഡിക്കൽ കോളേജാണ് മൂന്നാമത്തെ വൃദ്ധസദനങ്ങളാണ് നാലാമത് ബാർ ഹോട്ടലുകളാണ് ഹൈക്കോടതി നിയന്ത്രണം എടുത്തതുടങ്ങിത് കൂടാ പോവുകയാണ് േ സഹോദരങ്ങളെ അതുകൊണ്ടൊരു വൃദ്ധന്റെ മരണം വരുമ്പോ ബഹുമാനരായ പണ്ഡിതന്മാരെ കവറെടുക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഒരു മഹല്ലിലെ കാരണവര് മറന്നു പോകുമ്പോ ാന് ഒരു ചവിച്ചടി കൂടി മുമ്പോട്ട് നടന്നു പോയി അള്ളാ നന്ദ വയസ്സായ ഉമ്മയുടെ കണ്ണടയുമ്പോ ഒന്ന് മക്കളെ മലമൂത്ര വിഭജനം വാരി മടുത്തുപോയി മരിച്ചല്ലോ എന്ന് ചിന്തിക്കല്ലേ എന്റെ വീട് എന്റെ നാട് അതാ പിടുക്കുകയാണെന്ന് ലോകത്തുള്ള മഹാനാര് പറഞ്ഞതുപോലെ ഇതൊരു <much> കൊഴുഅ <much> ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ് വൃദ്ധന്മാരുടെ മരണം കാരണം പൊന്നുപോനെ പൊന്ന പെങ്ങളെ തട്ടമിടാത്ത ഔറത്തു പറയാത്ത നിനക്ക് വേണ്ടിയല്ല അള്ളഹസൂര്യനെ കിടക്കുന്ന ഒതിപ്പിക്കുന്നുണ്ട് അള്ളാഹുന്റെ അതാപ് വരുമ്പോഴല്ലേ ലോകാവസാനം അവസാനിക്കുക ഈ ഭൂമി തകരുക അള്ളാഹന ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞതെന്താ യാ അവസാനത്ത് പർവ്വതങ്ങൾ മുഴുവനെ തകർന്ന് തരിപ്പണമായി പോകും ഒരു തരിമ്പ് പോലും കാണാൻ കഴിയില്ല പോകാൻ പോകുന്ന പർവ്വതത്തെ പിടിച്ചു ഈ നാല് സാലിഹിങ്ങൾ ഉണ്ടാവണം അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ അന്റെ പ്രവാചകൻ ഒരു ദിവസം മുകത് പർവതത്തിന്റെ മുകളിൽ കയറി പ്രവാചകന്റെ കൂടെ അപൂപക്രം ാണ് ഉഹത് പർവതം കിടന്ന് കിടുങ്ങാൻ തുടങ്ങിയത് സംഹാരാണ്ഡവടുന്നത് പോലെ ഉഹത് പർവതത്തിന് മുകളിൽ നിൽക്കുമ്പോ ഉഹത് കണ്ടവത് കറിയാം പാരാഭാരം പോലെ പറഞ്ഞു കിടക്കുന്ന മല ആ മല കിടന്നിട്ട് ഒരു പാമ്പ് പത്തി ആടുന്നത് പോലെ ആടാൻ തുടങ്ങി ആ ഉറപ്പറവിയുള്ള വെച്ചുപോയി ആ സമയത്ത് തകർത്തടാൻ പോകുന്ന തകരാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് തന്റെ വള്ളംകാലി കൊണ്ടാന്നിച്ചിട്ട് ഏത് പദമാണെന്നറിയോ ഏത് പാദമാണെന്നറിയുമോ അള്ളാഹറൂരിന്റെ പാദ പങ്കജങ്ങളെ തന്റെ കാവ്യ പങ്കജങ്ങൾ കണ്ട് അവതരിപ്പിച്ച ലോകത്തിന്റെ മഹാകവികൾ പറഞ്ഞതുപോലെ അള്ളാഹറൂരിന്റെ പാദം മുഖത്തിൽ ചവിട്ടിയപ്പോ അള്ളാർ പറഞ്ഞേ സമാധാനത്തോടെ ഇരിക്കുക നിന്റെ മുകളിൽ നിൽക്കുന്നതാണെന്നറിയോ ും നിന്റെ മുകളിൽ നെല്ലേ നിൽക്കുന്നത് ഒരു സിദ്ധീക്കല്ലേ നിൽക്കുന്നത് രണ്ട് നാളെ ആകേണ്ട അപൂർവാന്റെ കുത്തേത്തി വെളിയോട്ട് ചാടാൻ പിന്നീട് സാഗരജ് പുരിക്കുക ഈ ഉമറും അല്ലേ രണ്ട് ശഹീദുകളിൽ നബിയും ഒരു സിദ്ധിക്ക് നിന്നിട്ട് എന്തിനാ പർവ്വതമേ തകരുന്നതെന്ന് ചോദിച്ചപ്പോ ഉപത് പർവത മനുസരയുള്ള പൂച്ച കുട്ടിയെ പോലെ നിന്നുപോയി ാണ് ചിതെത്തുന്ന പർവ്വതങ്ങളെ പോലും പിടിച്ചു നിർത്താൻ കഴിയുക നാളെ അള്ളാഹിന്റെ വീടിന് വേണ്ടി രക്തം ചിന്തിച്ച് കുടൽമാലകളെ വിളിയിലോട്ട് ചിതാ രണ്ട് നിന്നത് കണ്ടാണ് ആ പർവ്വതം പോലും അടങ്ങിക്കിടന്നതെങ്കിൽ അള്ളാഹുവിന്റെ വസ്തു അവിടെ റസൂടെ അങ്ങയുടെ പാടത്തിന്റെ കവിച്ചേക്കാറെല്ലാതെ ഈ ഭൂമി നിലനിൽക്കില്ല നബിയെല്ലീശീ അല്ലാ ദൂഷഭാ സവാതിന് താരി സവാതിന് താരി അന്നല്ലാതൊരാശ്രയമില്ലേ എന്ന് പറഞ്ഞ വാക്കുകളെ കടമെടുത്തിട്ട് ഈ നല്ലവർക്ക് വേണ്ടിയാണ് ലോകം നിലനിൽക്കുന്നത് കല്ല് കച്ചവടക്കാരന് വേണ്ടിയല്ല പട്ടച്ചാരം വിച്ചതിന് വേണ്ടിയല്ല അള്ളാന്റെ ദീനിനെ നശിപ്പിച്ചതിനു വേണ്ടിയല്ല ഈ സാരിഹ്യങ്ങൾ ഉള്ളത് ഈ ലോകം പോലും തകർത്താറ് നിലനിന്നു പോയത് അള്ളാഹു കാട്ടെ അള്ളാഹു കാതൃഷ്ടിക്കട്ടെ അള്ളാഹു കാതൃഷ്ടിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാനിഹ്യങ്ങൾ വിട പറഞ്ഞു സാലിഹ്യങ്ങൾ വിട പറഞ്ഞു എന്നിട്ടിപ്പം നമ്മൾ ആരായി മാറി അടുത്ത അടയാളം കേൾക്കുക അടുത്ത അടയാളം കേൾക്കുക ഞെട്ടീ തന്നെ പറയാൻ പറ്റൂ ശ്രദ്ധിക്കും അന്ന് സിദ്ധിഖും നബിയും അല്ലാഹുലേ പറയുന്നു രണ്ട് ശനിയും കാല് കട്ടിയപ്പോ ഉഹത് പർവതം എവിടെയാഹ് പർവതം എവിടെയാ ഉഹദിന്റെ അല്ലേ മക്കയിലല്ലേ ഉഹത് പർവ്വതം നിലയ്ക്കു അനുസരണ കുട്ടിയെ പോലെ ആ ഉഹത് മാറി മാറി ആ ഉഹതു മാറി മാറി ആ ബദര് മാറി മാറി ബദിടെ നമ്മുടെ മനസ്സിൽ സഹോദരങ്ങളെ ആദരന്റെ പരിപാവനമായ പാത പല്ലതങ്ങളിൽ കടന്നുപോയ സൗദി അറേബ്യയുടെ രൂപഭാവം മാറി നന്നായിട്ട് കേൾക്കണം ഈ ഹദീസ് സഹോദരങ്ങളെ സൗദി അറേബ്യയുടെ മാറി അള്ളാഹിതെ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് പുഷ്പോദ്യാനമാണ് പക്ഷേ കണ്ടത് മരുഭൂമിയാണ് അള്ളാഹറ പു പുഷ്പം വരത്തിയ മരുഭൂമിയെവിടെ കൊള്ളും കരുടെ അധ്യാപനങ്ങളാൽ പുഷ്പനിരുന്നതമാക്കിയ ചിന്തക ധ്യാപനങ്ങളാൽ പുഷ്പനിക്കിയ ചിന്തകാഥനായി ജാതനായെങ്കിലും വർത്തിച്ച സാധിക മരുഭൂമി ഏതന്റെ പരിപാടനമായ സാന്നിധ്യമുണ്ട് പുഷ്പനി ഗുഞ്ചകമാക്കിയ പ്രവാചകന് അതേ മരുഭൂമിയിൽ നിന്നിട്ട് തുള്ളിത്തെറിക്കുന്ന മുകളിന്റെ താഴെ നിന്നിട്ടാണ് അള്ളാഹന്റെ റസൂല് പറഞ്ഞു സഹാസ ലോകാവസാന സംഭവിക്കുകയിൽ സംഭവിക്കുകയില്ല നമ്മളൊക്കെ പക്ഷണിയോടെ കരിയർ എന്നിട്ട് കിടന്ന കൂട്ടാലുവിന്റെ വലഞ്ചരി കാട്ടിയിട്ട് അപ്പാന്റെ അറബ് രാജ്യത്തിലേക്ക് സമ്പന്നത വന്നു കുമിഞ്ഞുകൂടുന്നത് വരെ അറബ് രാജ്യത്തില് സമ്പന്നത കുരുമിഞ്ഞുകൂടുന്നത് വരെ സമ്പത്ത് വന്നു കുമിഞ്ഞുകൂടുമ്പോ അറബ് രാജ്യം മുഴുവൻ സവലോലപതയിലോട്ട് കടന്നു പോകും ഏത് മദീനയിൽ കിടക്കുന്ന തിരുദൂതരെ മദീനയിലെ തിരുദൂതരെ മദീനയിലെ തിരുദൂതരെ നിങ്ങൾ കൺമുമ്പിൽ കാണുകയാണ് ആമക്കമാറിന മാറി മാറിവുമാറിക്ക് മാറി ഹൈബറുമാറി സഹോദരങ്ങളെ ഹറവിന്റെ വികസനം കാണുമ്പോ അത് ലോകത്തിന്റെ വേണ്ടിയാണ് പക്ഷേ അത്ഭുതത്തോടെ ഓട്ടുപോയി കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ കുമറിയാഘു മണ്ണിനിന്റെ പേരിൽ ഒരു വലിയ മലയുണ്ട് ജബലുമാർ അതൊരു വലിയ പർവ്വതമാണ് ആ പർവ്വതം അടിച്ചു നിരത്തി ആ പർവ്വതം അടിച്ചു നിരത്തി സഹോദരങ്ങളെ അവിടെയാണ് ആ ജപരകുമർ അടിച്ചു നിരത്തിയ ജപര ഉമർ കോംപ്ലക്സിലാണ് ഇവിടുത്തെ പ്രസിദ്ധമായ മലബാർ ഗോൾഡിന്റെ അരച്ചാത ആരംഭിക്കുന്നത് സഹോദരങ്ങളെ പർവ്വതങ്ങൾ അടിച്ചു നിരത്തിയാൽ അത് ഭൂമിയുടെ ബാലൻസ് തെറ്റുമെന്ന് ആദരബാല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാറേതാണ് പറഞ്ഞാൽ അഥവേടാകുമോ മനസ്സിലൊരനിഷ്ടമുണ്ടാകുമോ അഹമ്മദ് പേടിയുണ്ട് ഈ പാവപ്പെട്ടവന്റെ ചിന്തയാണെങ്കിലും ഒരു കാലത്ത് കഴിവ പൊളിക്കപ്പെടുമെന്ന് റസൂലെന്ന് പറയുമ്പോ ചെന്താഹുവൻ ഈ വസം ഞാനിതരൽപ്പം പേടിയോടെയാണ് പറയുന്നത് അവിവേകമാണെങ്കിൽ എന്റെ പൊന്നു സദസ്സന്നോട് പൊറുത്തണം ഹറമാണ് ഹറമാണ് ഹറമാണ് ഹറമിന്റെ പച്ചക്കുപ്പയുടെ നേതാവാണ് അള്ളാഹുബിന്റെ പ്രവാചകന് ഞാനിത് പറയാനാണ് കാരണമെന്തായത് ഞാനിത് പറഞ്ഞതെന്തെന്നറിയുമോ കഴിവയെ അഞ്ഞിനാളം വിരുന്നതുവരെ അറിനാളം വിരുന്നതുവരെ ലോകാവസാനം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പൊളിക്കുന്നതുവരെ അല്ല അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ട് കഴിവയെ അഗ്നിങ്ങുന്നതുവരെ സഹോദരങ്ങളെ കടന്നുപോയി ദുബൈ ദുബൈ അവയെ നേടിയപ്പോൾ അതുവരെ ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുത്തഫ നബി മുഹമ്മദ് മുത്തഫ ഇന്ന് രണ്ടാലും ിന്റെ പ്രവാചകൻ പറഞ്ഞ് യൂഷിക്കു അഖിലുലാ വരാദരം ഇറാഖ് നിവാസികളെ ഇറാഖ് നിവാസികളെ ഇറാഖ് നിവാസികളെ നിങ്ങളിലേക്ക് ഒരു ഗോതമ്പ് മണി പോലും വരാത്ത രീതിയിൽ ഇറാഖിന് സാമ്പത്തിക ഉപരോധം കെട്ടിപ്പരിയുന്നൊരു കാലം വരാതെ ലോകാവസാനം മൂന്നാം ലോകമായുധത്തിന്റെ അടയാളമായി അന്നാന്റെ റസൂല് പറഞ്ഞതാണ് ഇറാഖികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തടയപ്പെടും നമ്മൾ കണ്ണുകൊണ്ടുകണ്ട് കഥാമെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് സമ്പത്തും ഇറാഖിന്റെ ഭരണാധികാരികൾ കൈയിൽ കിട്ടിയപ്പോഴിച്ചിട്ട് ഞങ്ങൾ അള്ളാന്റെ ഞങ്ങൾക്ക് പറ്റ രാഷ്ട്രീയം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ പായസബാധി രൂപീകരിച്ചിട്ട് ഇറാഖിന്റെയാണ് ഞങ്ങളൊക്കെ ഇറാഖിന്റെ മകര കവാടങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ വെച്ചിട്ട് പ്രതിമയുണ്ടാക്കിയ സദ്ദാം സാമിന്റെ പേര് പറഞ്ഞ് പക്ഷേ സത്താമിന് വേറൊരു മുഖമുണ്ട് മലപ്പുറത്ത് മലപ്പുറം സുഖതാക്കളുടെ കൊട്ടാരത്തെ കഴിഞ്ഞ ഒരു പുഞ്ചിരി കൊണ്ട് ആയുധത്തെക്കാൾ വരിയുന്ന പുഞ്ചിരി ആ പുന്തിരി കൊണ്ട് സാമ്രാജ്യത്തെ തകർത്താൻ കഴിഞ്ഞ സാമ്രാജ്യത്തിന്റെ നെണ്ടി പുലർത്താൻ കഴിഞ്ഞ ചിഹ്നങ്ങൾ ഹിറ്റ്ലറിനല്ല മുസ്തോളിക്കല്ല തകാൽ ചകുപേരക്കല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് തൂക്ക് കയറും മുമ്പിൽ കിടന്ന് ആ സമയത്ത് കണ്ണുകൂടിക്കെട്ടി ും പിടിച്ചു കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് സദ്ദാവിന്റെ നരബലി നടത്തി അമേരിക്കയിലെ മുമ്പ് എന്റെ മുഖത്തുനിന്ന് കരുത്ത ശീലമറ്റടാന്ന് പറഞ്ഞ് കണ്ണു തുറക്കുമ്പോ മുമ്പിൽ കിടക്കുന്ന കൊലക്കയറിനെ പെണ്ണിന്റെ കരുത്തിര വിവാഹമായിട്ട് ും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നേരെ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് ലോകചരിച്ചിഹ്നം നേരിയ ഒരു മനുഷ്യന്റെ ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സദ്ാമെന്ന് ധീരനാണെന്ന് ധീരനാണെന്ന് ധീരനാണ് അത് ഇറാഖിന്റെ സഹോദരങ്ങള് സഹോദരങ്ങള് ആ സദാമിന്റെ പേര് പറഞ്ഞു ഇറാഖില് ഭക്ഷ്യക്ഷാമം ഉണ്ടായി വീണും അള്ളാന്റെ റസൂര് പറഞ്ഞു അത് ഞാൻ കണ്ടതാണ് അള്ളാന്റെ റസൂലും പറഞ്ഞു ചുമ യൂഷിക്കുര സികൾ കടുത്തിരിക്കുകയാണ് അല്ല ഇരുവായുരെയും അവർക്കൊരു സ്വർണ്ണനാണെങ്കിൽ പോലും കിട്ടില്ലേ ഉപരോധം വരാൻ പോവുകയാണ് നിന്നൈനാരിക്കസൂലോ അതെവിടെ നിന്നാണ് എരിയെത്താണ് റസൂൽ പറഞ്ഞത് നിൻകിപരി റൂമി ഹോമയുടെ ഭാഗത്ത് നിന്ന് യൂറോപ്പിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശ്യാമിനെ ഉപരോധിക്കാൻ പോകും ലോകാവസാനത്തിൽ ഇറാഖിന്റെ അടയാളം കണ്ടവരെ ഇന്ന് ഐക്യരാഷ്ട്ര സഭയുടെ ഉണക്ക പത്തിരിക്കുക ഇടയിൽ ഞെരിഞ്ഞിരുന്ന ഇറാഖുകളെ കണ്ടവരെ നിങ്ങള് പത്രം വായിക്കുമെന്ന് വാസ കാണുമ്പോൾക്കും വരാൻ പോവുകയാണ് ഏതാണ് ശ്യാമെന്നറിയോ ആ ചാമൻ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ ഇന്നത്തെ സിറിയ ആ ചാമൻ പ്രദേശമാണ് സിറിയ മിനിങ്ങാന്ന് ഇരുപത്തിയെട്ട് സിരിയന്മാരാണ് കൊല്ലപ്പെട്ടത് ജീവൻ ഐക്യരാട്ട സഭയിൽ പ്രമേയം പാസ്സാകുകയാണ് അറബ് ലീഗ് പോലും എതിർക്കുകയാണ് തെറ്റാവർത്തതിന്റെ ഏകാധിപത്യ പ്രവണതക്കെതിരെ സഹോദരങ്ങളെ ഏത് ഭാഗത്തു നിന്നും ഒരു വലിയ കാർമേഹം ഉരുണ്ടുവരുമ്പോ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഓദത്തെ അഹമ്മദ് കബീർ ബാഖി പ്രസംഗിക്കുകയാണ് സിറിയയും ഉപരോധത്തിൽ ഏർപ്പെടാൻ പോകുന്നതെന്ന് ആദരവായ പ്രവാചകൻ സങ്കീർണമാവുകയാണ് നയതന്ത്രത്തലവൻ കോഫിയങ്ങാണ് രാജിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഒരു വലിയ യുദ്ധസമാന സിരിയുടെ നേരെ ഉരുണ്ടൂടുകയാണ് ഞങ്ങളുടെ സിരിയയിലെ സഹോദരങ്ങള് ഞങ്ങളുടെ സിറിയയിലെ സഹോദരങ്ങള് കാക്കണയെ ഇതിനേക്കാളും വരെ അമ്പരപ്പിച്ച അടയാളങ്ങളുണ്ട് ഇസ്രയേലിന്റെ എയർപോർട്ടിൽ തെറ്റാൽ കൊല്ലുന്ന സംഭവമുണ്ട് ഇൻഷാല്ലാ സഹോദരങ്ങളെ പറയാം പക്ഷേ സ്ത്രീ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയോ നിങ്ങളിപ്പോ വിശത്തിന്റെ കാര്യങ്ങതയിലാണ് ഞാനും ബഷഫിന്റെ കാര്യങ്ങതയിലാണ് അള്ളാഹുദിനെ പ്രതിഫലം തരട്ടെ സഹോദരങ്ങളെ നിങ്ങളറിയണം സഹോദരങ്ങളെ നിങ്ങളറിയണം സൗദി അറേബ്യയുടെ ചാനലിൽ സൗദിയിലെ ഗ്രാൻഡ് മുട്ടി ലോകത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് സൗദി ചാനലിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ല കഴിഞ്ഞറവതാം പതിനൊന്നിന് സൗദിയിലെ ഗ്രാൻഡ് മുക്തി സൗദി ടി വി മറുപടി പറയുമ്പോ ആ സമയത്തിന് ചോദ്യം വന്നു ആരുടെ എന്നറിയോ അദ്ദേഹത്തോട് ചോദിക്കുന്നു പ്രിയപ്പെട്ട ശേഷവതകളെ സാധാരണ ഇടയത്താഴം കുടിച്ച് ബോംബ് പിടിക്കണം മോംബ് തുറന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കണം അതല്ലേ റസൂല റസൂലിന്റെ സുന്നത്തതല്ലേ പക്ഷേ ഇടയത്താഴം കുടിക്കാറേം തുറക്കാറേ ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ച അല്ലാണ്ട് റസൂരിന്റെ സുന്നത്ത് കിട്ടുമോ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുക്കി പൊട്ടിക്കരഞ്ഞുപോയി താഴെ എടതുകയാണ് കരിക്കാത്തത് കണ്ടല്ല ഇടയത്താഴം കുടിക്കാനൊരു ഗോതമ്പുകൾ ഞങ്ങളുടെ നാട്ടിലില്ല നോമ്പു തുറക്കാല വിൽപ്പം ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലില്ല ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ പെട്ട് യുദ്ധക്കെടുതിയുടെ യുദ്ധാനന്തര കെടുതികൾ അനുഭവിക്കുകയാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും പോലെയുള്ള വിശത്ത് ഈ താങ്കരിയാണ് ഒട്ടകത്തിന്റെ മലദ്വാരത്തിന് വായവച്ചിട്ട് ചാണകം സോമാര്യക്കാരനായ മനുഷ്യന്റെ ചോദ്യം കഴിക്കാനൊന്നുമില്ല കുടിക്കാനൊന്നുമില്ല എടേത്താടം കുടിക്കാറ് നോമ്പ് തുറക്കാനില്ലാതെ നോമ്പ് പിടിച്ചാൽ ഞങ്ങളുടെ നോമ്പിനുള്ള ആടെക്കൽ പ്രതിഫലം കിട്ടുമോ സ്വരിക്കല്ലേ നിറമിക്കാസമുള്ളൂ സ്വരിക്കല്ലേ നിറമിക്കാസമുള്ളൂ നമ്മളൊക്കെ നന്നായിട്ട് ആകരിച്ചു മതിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ ഇതാണ് ബാഹു കാസുരക്ഷിക്കട്ടെ ബാഹു കാസുരക്ഷിക്കട്ടെ ക്കന്റെ മലപ്പുറങ്കാരെ നിങ്ങളുടെ തൊട്ടടുത്താണ് നിങ്ങളുടെ തൊട്ടടുത്താന് വാപ്പ് മരിച്ചിട്ട് ഉമ്മ ക്യാൻസർ ബാധിച്ചു കിടന്നപ്പോ രോഗം ബാധിച്ചു കിടന്നപ്പോ കരിക്കാം ഭക്ഷണമില്ലാതെ റമദാനിന്റെ അരാതില് ഏഴു വയസ്സുള്ള അണിയത്തീടെ കൈപിടിച്ച് സ്കൂളിലോട്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇത്താത്തയോട് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശക്കുന്നു ഇത്ത എനിക്കെന്തെങ്കിലും പഠിച്ചതാ ഉമ്മ കൂരിപ്പണിക്ക് പോകാത്തതും ജീവിതീട്ടിൽ അടുപ്പിൽ തീപു കഞ്ഞിട്ടില്ല നടന്നു പോകുന്ന സ്കൂളിൽ നടന്നു പോകുന്ന വഴിയിൽ വഴിയരികിൽ കാണുന്നൊരു വൃക്ഷത്തിന്റെ കായ കണ്ടപ്പോ വിശപ്പ് കഴിക്കാൻ കഴിയാതെ ഏഴു വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു പൊന്നുമോള് പറഞ്ഞു ഇട്ടാത്ത എനിക്കാ മരത്തിന്റെ കാറിച്ച് കണ്ടിട്ട് വിശപ്പ് നടക്കുമോ കുഞ്ഞിപ്പങ്ങൾ കൈവരൽ പിടിച്ചു നടത്തുന്ന കുഞ്ഞിപ്പങ്ങൾ ചോദിച്ചപ്പോ സാലി എന്ന പൊന്നുമോളിനെ കമ്പെടുത്തിട്ട് ആ മരത്തിന്റെ കായ പറിച്ചു കണ്ട പ്രിയപ്പെട്ട കുഞ്ഞിന് വിറ്റുകൊടുത്തു അവളും കഴിച്ചു ആ അകറ്റിരിക്കുന്ന കായിയുടെ ദ്രാവട മകത്തിലെന്നപ്പോ പക്ഷേ ഒരു നിമിഷം കഴിഞ്ഞപ്പോ രക്തം ദർദ്ദിക്കാൻ തുടങ്ങി ഏഴു വയസ്സുള്ള പൊന്നുമോൾ നാട്ടുകാർ ഓടിക്കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുമ്പോ വിശപ്പ് സഹിക്കാൻ കടിയാണ് തന്റെ പൊന്നു പെങ്ങൾക്കും പറിച്ചുവിടുന്നത് വിശക്കായായിരുന്നെന്ന് കാലിക എന്ന പതിനൊന്ന് വയസ്സിലാരെയറിഞ്ഞില്ല ശ്യാമിനടുക്കാൻ പോവുകയാണ് ഒരു ഭക്ഷ്യ ഉപരോധം നമ്മുടെ സഹോദരങ്ങൾ തീ തിഞ്ഞാൻ പോവുകയാണ് മറക്കാൻ കഴിയുമോ മറക്കാൻ കഴിയുമോ ആ ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്റെ ചെറുപ്പക്കാരെ എന്തേ ചെറുപ്പക്കാരെ കണ്ണുനീർപ്പുഴി ഇവിടെ വീണതുപോലെ ഇത് പറഞ്ഞപ്പോ കൈവുകൊണ്ട് കരയാനറിയാവുന്ന എത്ര പെങ്ങന്മാരാണ് കണ്ണുനീര് പറക്കുന്നത് പൊന്നു പെങ്ങളേ നമ്മുടെ വീട്ടിലെങ്ങനെയില്ല നമ്മുടെ വീട്ടിലെങ്ങനെയില്ല ദാരിദ്ര്യത്തിന്റെ വിഷം അനുഭവിച്ചവനെ ആ വിഷത്തിന്റെ വില എന്തെന്ന് തിരിച്ചറിയാൻ കഴിയൂ െ സ്വീകരിക്കണേദം നീ സ്വീകരിക്കണേദം നീ സ്വീകരിക്കണേദം ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ അള്ളാഹുവേഞ്ചാവ നാളെ പുറയാണ് അള്ളാഹു ആസിയത്ത് നൽകട്ടെ ലോകാവസാനത്തിന്റെ അടയാളമാണ് ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ മര മൂന്നിലൊരു ഭാഗം കുറഞ്ഞു പോകുമെന്ന് എനിക്ക് മഹമ്മദ് മുത്തഫി വസല്ലം മര മൂന്നിലൊന്നായി കുറയും ഒരു മഴ കിട്ടുന്ന മഴ മൂന്നിലൊന്നായി കുറയുമ്പോഴാണ് ഒരു സംസ്ഥാനത്തെ വരൾസബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക നമ്മുടെ ഇന്ത്യ രാജ്യം വരൾസബാധിത പ്രദേശമായി കൃഷിമന്ത്രി പവാറ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് സഹോദരങ്ങളെ ചലാത്തു തന്നാൻ തുടങ്ങുമ്പോ അങ്ങനെ അനുഗ്രഹം െന്ന് പറഞ്ഞാൽ ചുര പിടച്ചു നിൽക്കുന്ന അകിടന്നാണ് ആകാശം ആകാശം പാലിത്തുരത്താ നിൽക്കുന്ന ആടിനെ പോലെ മേഘത്തിൽ തട്ടി നിന്നിട്ട് അള്ളാഹു സറവക്കാരായി ഞങ്ങൾ മാറി അത് ഈ മണ്ണിൽ നീ ഇറക്കിത്തരനേ തമ്പുരാനെ ദു സ്വീകരിക്കുന്നതിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മഹമ്മദ് മുസ്തഫ സഹോദരങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നാളെ ജഡ്ജാരിനെ എയർപോർട്ടിൽ വെച്ച് കൊല്ലുവോ ഇല്ലയോ ഇൻഷാള്ള സംശയമൊക്കെ നമുക്ക് സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഒരു വലിയ പുക പടലോ അത് എവിടെ നിന്നാണ് വരിക എങ്ങനെയാണ് വരിക ഇൻഷാള്ള പറയാത്ത അടയാളങ്ങളുമായി നാളെ ഇൻഷാള്ള നമുക്ക് ഇതേ സമയത്ത് വീണ്ടും കാണാം അള്ളാഹു തോക്കിക്ക് നൽകട്ടെ അള്ളാഹു തോക്കിക്ക് നൽകട്ടെ ഒരു മുപ്പത്തിമൂന്ന് സ്ഥലത്ത് ഇൻഷാള്ള ചൊല്ലുന്നതിന് മുമ്പ് ഒരു ദുവാ ഞാൻ പഠിപ്പിച്ചു തരാം ഒറ്റ ദുബ പഠിപ്പിച്ചല്ല ി സറസ്വരുവാശയ്യുമായിരുന്നയാ ഹയ്യയാ കയ്യൂവും അസ്ത്രീ അശ്രീശൈല്ലാസക്കിരാനി സറസ്വായി വനെ അനാദിയില്ലാത്തവനെ ആശുപത്യത്തിന് തുടക്കമില്ലാത്തവനെ ശേഷത്തിന് അറ്റമില്ലാത്തവനെ അള്ളാഹുവേ നിന്റെ അനുഗ്രഹം ഞാൻ ചോദിക്കുകയാണ് വരാ തട്ടിൽ ഒരു കണ്ണടച്ച് സിനിതി തുറക്കുന്ന സമയം പോലും എന്തിനെ സിനിമ എന്നിലേക്ക് എത്തിക്കല്ലേ അല്ലാഹുവേ ഒരു കണ്ണടച്ച് തിന്നി തുറക്കുന്ന സമയം പോലും എന്റെ ശരീരത്തിന്റെ കാര്യം എന്നെ അള്ളാഹുവേ ഞാൻ അച്ക്തനാണ് ഞാൻ അച്ചക്തനാണ് ഇൻഷാല്ലാ നാളെ പ്രത്യേക ദുവാ ഉണ്ടാവും അള്ളാഹുരിക്കും ഇപ്പൊ എന്റെ നാവൊക്കെ വറ്റി ചുണ്ടൊക്കെ ആണെങ്കിൽ എന്നാൽ ഇൻഷാള്ളുവാ ചെയ്യാം അതോടൊപ്പം നാളെ പ്രത്യേക ദുവാ ഉണ്ടാവും വരുമ്പോ തന്നെ സമയം നാളെ ഒത്തിരി വിഷയം പറയണം ഇത് കഴിഞ്ഞിട്ട് ചൂറ് ഊതിന് ശേഷം രണ്ട് സംഭവങ്ങൾ നടക്കും അതും കൂടെ ഒന്ന് പറയണം എന്നാലിത് അവസാനിക്കല്ല മയ്യ اللا حول ولا قوه الا بالله صلاه على النبي 33 صلاه صلى الله على محمد صلى الله عليه وسلم محمد صلى الله <سؤال> عليه وسلم محمد صلى الله <سؤال> عليه وسلم محمد صلى الله <سؤال> صل عليه <سؤال> وسلم ഭന മഹമ്മ സലഹൈ വസന മുഹമ്മദ സലഹൈ വല്ല ഭദാനം സല ഭദല്ലൈവസ മുഹമ്മദ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 അള്ളാഹുല്ലേ ആദരവായു പേര് നാം ചെല്ലി ഈ സ്വലാത്തിനെ ആദരവായ റസൂടുള്ളഹി സാഹുലയുടെ തിരു ഹവറത്തിലേക്ക് എത്തിക്കുമറ നാ മനസ്സിലെന്താഗ്രഹം ആഗ്രഹം പേർക്കി കാണോ ഈ സ്വലാത്ത് ചെല്ലിയത് കരുണ കടലെ നീത് സ്വീകരിക്കണേ അള്ളാഹു ഇത് വളരെ അമൂമായ സദസ്സുണ്ട് ഷ നെ പരമാവധി നേരത്തെ എല്ലാവരും എത്തണം എതിരങ്ങൾ ഉമർ അലിയാഹുൽ അബ്ബാസിയാ സദ്ദാമുളിനി ബച്ചാർ മുബാറക് ഇനി ഇമാം മഹിദി വരെ ലോകത്ത് വരുന്ന ഒരു ഭരണക്രമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹബീസ് റസൂഡ് റസൂഡുള്ള ഇത് തുടങ്ങി അങ്ങ് മഹൃതിയിൽ അവസാനിക്കുന്ന ഇതിന്റെ ഇടയിൽ ഓരോ ഏകാധിപതികളും സ്വേഷാധിപതികളും നല്ല ആളുകളല്ലാത്ത വരണം ഇൻഷാള്ള അതൊക്കെ നമുക്ക് നാളെ പറയാം കവിതയുടെ മുഗൾ ഭാഗത്ത് വരുന്ന പുക ഇതൊക്കെ ഇൻഷാള്ള നമുക്ക് നാളെ പറയാം എല്ലാവരും നേരത്തെ എത്തി അള്ളാഹു താക്കത്ത് തരട്ടെ നാളെ പറയാനുള്ള ആഫിയത്തിനുവേണ്ടി ജോ ചെയ്യും ഞാൻ ആദ്യമായിട്ട് റമലാൻ ഞാൻ ഓരോരുത്തർക്ക് പ്രസംഗത്തിന് പോകാറില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗം റമലാന്റെ പകല് നടത്തണേ അള്ളാഹു താത്ത നൽകട്ടെ ധാരാള സഹോദരങ്ങൾ ദ്വാന്റെ വസ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരു മാസമായി ഉറക്കമിടച്ചവായി സിദ്ദിഖും സിദ്ദിഖും വഹിച്ച് രണ്ട് സിദ്ധീകാരികൾ ഉറങ്ങിയിട്ടില്ല അതോടൊപ്പം അവരുടെ പുറകെ താങ്ങി എത്താൻ ധാരാളമാണ് അള്ളാഹു ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമില്ലാ اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ربنا لا تنقصنا انصرا وان تغفلنا وترحمنا لنكون من الخاسرين لنكون من الخاسرين ربنا لا تنقصنا انصرا من كثيرن كبيرا لا يغفر ذنوب إلا أنت فغفر لنا مغفرتم من عندك ورحمنا إنك أنت لغفور الرحيم عرحم الرحيم آيا الله في المعارضة يا رباه تنبرا الله في المعارضة يا رباه ني پرنشة نسلسة تطسة نقدم كتنا فيرو مجنة كارل كرينا كالبو ما هي ننجة ممبثل كيغل و يدي وري آجة جرى پولن كتنا إباوغلا نيكا نمKit لا يالله نيكا نمKit لا يالله നീ കാണുന്നില്ലേതം പുരാനെ ഞങ്ങളുടെ ആപരാധികളും ഞങ്ങളുടെ ദേവരാധികളും നിനക്കറിയാമല്ലാഹിവേ പടച്ചവനെ ഞങ്ങളുടെ ഏറ്റവും വലിയ വേദനാതി ആഹിറത്തിന്റെ വേദനാതിയാണല്ലാഹു ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ സർവപാപങ്ങളും ഈ മധുരത്തിന്റെ പത്തിന്റെ പടക്കത്തുകൊണ്ട് പൊറുക്കണേ അല്ല ഇന്ന് ഈ നിന്ന് തിരിച്ചു പോകുമ്പോ അള്ളാഹിവേ ഒരു പാവവും അവശേഷിക്കാതെ തിരിച്ചുവിടണേ ദമ്പുരാനെ അള്ളാഹിവേ ഞങ്ങളുടെ ഈ സദസ്സ് ആയുസിനെ ഏറ്റവും വലിയ അനുഗ്രഹമാക്കണേ ഈ തദസ്സിലേക്ക് ഇതിനുവേണ്ടി അങ്ങകരെ എത്രയെത്രയോ സഹോദരങ്ങൾ കിലോമീറ്ററോളം താണ്ടിക്കടന്നവർ അല്ലീ റസൂരിന്റെ ഹുബ് കൊണ്ട് അകലം മുഴുവനും അടുപ്പമാണെന്ന് തോന്നിയവർ നീ പ്രതിഫലം നൽകണയല്ലാകെ നീ പ്രതിഫലം നൽകണയല്ലാകെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബരടം നീ വിശാലമാക്കണേദംപുരാനെ പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ ബഹുമാനനായ തങ്ങളുടെ ഉമ്മയുടെ മഹസരത്തിനീ പൂർത്തിയാക്കി കൊടുക്കണയല്ല കബരിടം വിശാലമാക്കണേദംപുരാനെ കാണാമറയത്തോളം നീ വിശാലമാക്കണേ a law <laughs> പടച്ചവനെ ഞങ്ങൾ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് മിത്രാദികളുണ്ട് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചവരുണ്ട് അവരൊക്കെ മണ്ണിന്റെ അടിയിലാണല്ലാഹ് ഈ ഉള്ളവനൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പരോപകാര സ്മരണം ഒരു ദുആായാണല്ലാഹേ ഒരു പടച്ചവനെ അവർക്കെല്ലാം ഈ പരലോക സുഭിക്ഷമാക്കണയല്ല പടച്ചവനെ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശിവ നൽകണയല്ലാഹേ പടച്ചവനെ ശിവ നൽകണേതും മ്പുരാനെ ശിവ നൽകണേ തമ്പുരാനെ മാരകമായ ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വന്നവരല്ലാകെ നീ പുറത്ത് മാപ്പാക്കി അവരുടെ രോഗങ്ങളിൽ ശിവയാക്കണേ അല്ല സ്റ്റിന് ക്യാൻസർ വന്നിട്ട് മുറിച്ചു മാറ്റി അവസാനം ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ തല മുഴുവനും മാരകമായ ക്യാൻസർ പിടിപെട്ട് കൈകിങ്കാലും വേദന കൊണ്ട് തല കരയുന്ന സഹോദരി തിരുവനന്തപുരം ആർ സി സിയിൽ വേദനയുടെ ഇടയിൽ നിലവിളിക്കും കൂടും താരേ പെരുങ്ങൾ വണ്ണയിൽ പോകുമ്പോ മറക്കരുത് എന്റെ നാടിന്റെ അടുത്താന്ന് പറഞ്ഞ പെങ്ങൾ ആർ സി സിയില് കടന്നള്ളാഹേ മുഖാമുഖം കാണുകയാണ് പടച്ചവനെ കൂടെ പിറന്നതല്ല അഹിവയെ കൂടെ പറപ്പുമല്ല പടച്ചറേ ഒരു വിധിയുടെ വൈപരീതം പോലെ ഉസ്താടെ എല്ലാ അനുഗ്രഹവും അല്ല എനിക്ക് തന്നിട്ടും ഒരു മാരക രോഗം ഏത് സമയത്തും അത് ക്യാൻസർ ആകുമെന്ന് പറഞ്ഞ ഭീതിയുടെ നിഴലിൽ എന്നിട്ടും ആ കുട്ടി എന്നോട് പറഞ്ഞൊരു വാക്കെന്ന നെഞ്ചിനല്ലാതെ കോരിത്തരിപ്പിച്ചു താഴെ അതൊരനുഗ്രഹമല്ലേ ഏത് സമയത്തും എനിക്ക് ക്യാൻസർ വരുമെന്ന് ഓർമ്മയുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഈ പള്ളിയിൽ ഇങ്ങനെ നിവാദത്ത് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ അലങ്കരിക്കുമായിരുന്നില്ല ഉസ്താദ് പൊന്നമോനെ കരയുകടന്നിന് ഇനി ഓർക്കിലാണെങ്കിലും ഇങ്ങനെ കാമയും പറയുന്നവരെ പൊന്നുമുമ്പിലുണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി അറുപത് എന്ന് ഉസ്താദെ ദു ആ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചതാണ് പടശവനെ നിശിപയാക്കനശിതയാക്കന നീശിപയാക്കണേ അള്ള മാരകമായ ലോകത്തിൽപ്പെട്ട് ആരൊക്കെ കഴിയുന്നു അവർക്കെല്ലാം അള്ളാഹിവേ നീ ശിപ നൽകണേ തമ്പുരാനെ ഈ വിനീതന്റെ കയ്യിൽ ഈ സദക്ക തന്ന പലരും ക്യാൻസർ രോഗികളാണ് എല്ലാ സദസ്സിനും ഗുസിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പടച്ചവനെ നീ അവർക്ക് ശിപ നൽകണയല്ല അവരുടെ ദിസിനെ പറക്കത്ത് നൽകണയല്ല മരിക്കുന്നത് വരെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹു അവരെ പൊന്നുമക്കളെ നീ സാരിഹീകങ്ങളാക്കി കൊടുക്കണേയല്ല മരിക്കുന്നത് വരെ ഒരു പരീക്ഷണവും നൽകല്ലേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ലാതെ മുൻപുറുകി കൊടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഒരു പാകത എത്തിയപ്പോ അല്ലാഹേ അവർ രോഗത്തിന്റെ അവർക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹുവേ രോഗം ുടെ ഭാര്യമാരെ സാലി കാത്തുകളാക്കണേയല്ല എത്രയോ സഹോദരങ്ങൾ കുടുംബജീവിതത്തിന് സമാധാനമുള്ളത്തവരുണ്ട് ഭാര്യമാരെ നീ സാലി കാത്തുകളാക്കണേതമ്പുരാനെ ഈ ദുനിയാവിൽ ഒരുമിച്ചു കൂടിയതുപോലെ അള്ളാഹിവേ സ്നേഹിച്ചു തീരുന്നതിനു മുമ്പേ ജീവിച്ചു തീരുന്നതിന് മുമ്പേ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ വിട്ടു പിരിപ്പിച്ചാൽ അതേ ഭാര്യമാരെ തന്നെ സ്വർഗത്തിൽ തരണയല്ല പഠച്ചവനെ നീ ഞങ്ങൾക്ക് തന്നെ എട്ടും അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ് അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ സാരിഹീങ്ങളാക്കണേ അല്ല എട്ടാം ക്ലാസിൽ പഠിക്കുന്നവനും വഴിതെറ്റിപ്പോകുന്ന പിശാലുക്കൾ പാർക്കുന്ന വേതാള നഗരത്തിലാണ് ഞങ്ങളുടെ മക്കളും പാർക്കുന്നത് ഞങ്ങളുടെ മക്കൾ കാരണത്താൽ അഭിമാനം പോകുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ആരെയും എത്തിക്കല്ലേ അല്ല പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ ഹാസീങ്ങളാക്കണേയല്ല മക്കളെ ഹാഫിലാവാൻ വേണ്ടി സ്വർണ്ണാഭരണം എന്ന ഈ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ആ ഉമ്മയ്ക്കല്ലാഹിതേ ഈ ആഭരണം ഏത് കാതിനാണോ ഏത് വിരലിലാണോ കിടന്നത് അതേ വിരളിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ നടത്തുന്ന പൊന്നുമോനെ കൊടുക്കണയല്ല പൊന്നുമക്കളെ കൊടുക്കണയല്ല ഹാസീങ്ങളെ കൊടുക്കണയല്ല ഉമ്മ ിട്ട് മണ്ണിന്റെ മുകളിലും മലന്ന് കിടക്കുമ്പോ ഇതെന്റെ പൊന്നുണ്മയാണ് പെരിന്തൽ മണ്ണയിലേക്ക് തീർച്ചാദുവാതിന് വന്നപ്പോ സ്വർണ്ണ മൂരിപ്പെടുത്തിട്ട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യിപ്പിച്ച എന്റെ പൊന്നുമയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് ദുവാ ചെയ്യുന്ന ആഫ്ലീങ്ങളായ മക്കളെ കൊടുക്കണയല്ല പടച്ചവരെ അങ്ങനെ നീങ്ങെത്തി ചെയ്യുന്ന ഓരോ സഹോദരിമാരും ഹാഫിളായ പൊന്നുമോൻ മയ്യത്തിന് ചലിക്കുന്ന അവസ്ഥയിലെത്തിക്കണയല്ല പടച്ചവനെ ഉള്ളാകെ നമ്മുടെ മക്കളെ ബുദ്ധിയുള്ളവരാക്കണേ നമ്പുരാന് അനുസരണ ഉള്ളവരാക്കണേ ഉള്ളാകെ പടച്ചവനെ രാവിലെ തരാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചും മൈന്ത സ്കൂൾ ഭാഗം തോക്കി സ്കൂൾ ബസ്സിൽ കയറിപ്പോയാൽ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിലെ തീയാണല്ലാകെ പടച്ചവനെ വിനീതം ജോലി ചെയ്യുന്ന സെൻട്രൽ വിമാഹത്തിന്റെ പരിസരത്ത് സ്കൂൾ ബസിന്റെ ഡ്രൈവറിന്റെ കണ്ണൊന്ന് കെട്ടിയപ്പോ പാർവതി പുത്തനാളിലേക്ക് സ്കൂൾ വാഹൻ മറിഞ്ഞപ്പോ ഏഴ് പിഞ്ചു പൈതലുകളാണ് കടഞ്ഞ് കടഞ്ഞ് പെടഞ്ഞ് മരിച്ചുപോയത് രാവിലെ ഉമ്മയോട് സലാം പറഞ്ഞ് കവളത്തു മുത്തം കൊടുത്തു പൊതിച്ചോറും വാങ്ങിച്ചു പോയ കണ്മണിയും കാത്തു വൈകുന്നേരം പേരി തിരക്കില് കാത്തു നിൽക്കുമ്പോ മുമ്പിൽ വന്നത് വെള്ളത്തുണീര് പൊതിഞ്ഞ മലരിച്ച പൊന്നുമോളുടെ മയത്താണ് േ നിങ്ങളുടെ പൊന്നില മക്കൾ നീ കാത്തോളനല്ലോളനയല്ല നീ കാത്തോളനല്ല പടശവനെ കടബാധിതരകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടബാധിര മാറ്റി കൊടുക്കണേറൊബേ പടശവനെ അങ്ങകരെ നിന്ന് ഇവിടെ നിന്ന് ഇത്രയും നേരം നോമ്പസഹിച്ച് ഇരിക്കാൻ ഒരിടവിൽ ഞാനിട്ട് നിന്നരേറ്റീ സഹോദരങ്ങൾ സഹോദരിമാർ ഇവർക്ക് വേണ്ടി എന്ത് ചോദിക്കണമെന്നറിയില്ലാഹു അവരെ നെഞ്ചിന്റെ നീറ്റൽ നിനക്കറിയാംശം പുരാനെ അതെല്ലാം ഇതുമായി ഇരുന്ന ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇതീനിന്റെ കൺമണികളായി അള്ളാഹി അള്ളാഹുരേ ഉമറതി അള്ളാഹു എന്ന അബൂപക്രതി അള്ളാഹു എന്നിന്റെ പിൻഗാമികളായി നാളെ സ്വർഗം വിലക്ക് മുത്തീങ്ങളായ ചെറുപ്പക്കാരാക്കണയല്ല പടച്ചവനെ ഇതിൽ പലരും കച്ചവടം ചെയ്യുന്നവരാണ് അവരെ കച്ചവടത്തിന് വറക്കത്ത് നൽകണയല്ലാകെ ഈ സദത്തിന്റെ സംഘാടകരായ ആളുകൾ ഉറക്കമില്ലാതെ എത്രയോ ദിവസം ഓടി ഓടി നടക്കുകയാണ് പടച്ചവനെ നാളെ പരലോകത്ത് പരിഭ്രാന്തരായി ഓടിക്കല്ലാഹേ ഇതിന് പകരമായി നിന്റെ സ്വർഗം നൽകണയല്ല ഇതിനു വേണ്ടി പരച്ച നന്നവരുണ്ട് അവരെ കച്ചവടത്തിൽ പറക്കറ്റ് നൽകണയല്ലാഹി പറക്കറ്റ് നൽകണേ അല്ലാതെ പഠിച്ചവനെ ഇവരുടെ ത്യാഗത്തിനെ ഈ ഒരു ജനക്കൂട്ടമായി പരിണമിപ്പിച്ചല്ലോ അല്ല നാളെ ഇതേപോലെ സ്വർഗസൃഹങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ല ഇതില് ധാരാളം വിദ്യാർത്ഥികളുണ്ട് പഠനത്തിന് മുമ്പിലെത്തിക്കണേ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ എന്ത് ചോദിക്കണമെന്നറിയില്ല പക്ഷേ അല്ലാഹേ അവര് വളർത്തിക്കൊണ്ടുവരുന്ന പൊന്നുമക്കളെ അവരെ ഊന്നുവടിയാക്കി കൊടുക്കണയല്ല ഭർത്താക്കന്മാരെ താരഹീനങ്ങളാക്കണയല്ല എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പെണ്ണിന്റെ സമാധാനം എന്റെ പൊന്നുമക്കൾ വളർന്നു വന്ന എന്റെ സർവ്വ ദുഃഖവും തീരുമല്ലോ എന്നോട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ ആശയോടെ വളർത്തുന്ന മക്കൾ അതീ ഉമ്മർഷണി വളർന്നു വന്നാൽ നഷ്ടപ്പെടുത്തല്ലേ െ ജീവിനീതിനിടെ എത്തിയപ്പോ ഇടയത്താഴം ഒലുക്കി തന്ന കുടുംബം പറക്കത്ത് നൽകണയല്ല അവരെ സർവൈശ്വര്യവും പ്രവഹിപ്പിക്കണമല്ലാകെ പഠിച്ചവനെ മക്കളെ സാരീഹികളാക്കണേല്ലാകെ മനസ്സിലെ ഓരോ മുറാബുകളും മനസ്സിലാക്കണല്ല പഠിച്ചവൻ ആർക്കൊക്കെ വേണ്ടി ചോദിക്കണമെന്നറിയില്ല നാവ് പടയുകയാണല്ലാ പഠിച്ചവനെ മരിക്കുന്ന നേരം കെരിമ പറഞ്ഞു പറഞ്ഞു സ്വർഗം മരിക്കുന്നതിന് സ്വപ്നത്തിന് കണ്ടെന്ന് മരിക്കാൻ അല്ലാണേല്ലാ ദുനിയാവിൽ ഞങ്ങൾ എഴുപതിനായിരം ലായിരാഹില്ലല്ല ചൊല്ലാറുണ്ട് പക്ഷേ സക്കറത്തിന്റെ പേരിൽ ഒരു പ്രാവശ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുമല്ലോ അള്ളാ ഞങ്ങൾ ഈ ചൊല്ലിയതിന്റെ ആയിരക്കണക്കിന് ലായിരുന്നില്ലല്ലാടെ പറപ്പെട്ടുകൊണ്ട് മരിക്കുന്ന സമയത്ത് ചുണ്ടുപെടയുമ്പോൾ ഞങ്ങളുടെ ഭാര്യയും മക്കൾ ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ തിരിച്ചിട്ടിരായി എന്ന് പറഞ്ഞ് മരിക്കുന്ന മുത്തക്കീങ്ങൾ ഞങ്ങളെ പടച്ചവനെ നാളെ കബറിലെ ഒഴിവാക്കിത്തരണയല്ല പടച്ചവനെ നിധാനെന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള സമയമായി ഞങ്ങളീനെന്ന സമയത്തനെ കപൂരാക്കണേ അല്ല കപൂരാക്കണയല്ല വടച്ചവനെ ഞങ്ങളുടെ ദ്വാകല സ്വീകരിക്കണേ അള്ളാഹുവേ വടച്ചവനെ ഞങ്ങളുടെ ഈ കൂട്ടം നിന്ന് അലതച്ചു തരണേ അള്ളാഹു ദുനിയാവിന്റെ ഒരു ചിന്തയും ഇല്ലാതെ അള്ളാഹുബേദിന്റെ വേണ്ടി ജീവിക്കുന്ന മുസ്തീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അള്ളാഹു മടച്ചവനെ ഞങ്ങളെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ദുവാ കൊണ്ട് വസ്തു അള്ളാഹുയെ കൂടപ്പറപ്പിനെ പോലെ പ്രതിസന്ധികളിൽ താങ്കണ്ടുമായ സഹോദരങ്ങളിൽ കൂട്ടത്തിലുണ്ടല്ലാഹു അവരെ എനിക്ക് നിനക്ക് അറിയാവേ പഠിച്ചവനെ അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കണെ അല്ലാഹു അവരെ മക്കളന്നീ ഹാസീയങ്ങളാക്കണെ അള്ളാഹുവേ ദിൽ പഠിക്കുന്ന മക്കളെ ആരുമീയങ്ങളും ഹാസുദീങ്ങളും ആക്കണെ ഉള്ളാഹു അദ്ദേഹത്തിന്റെ കുഞ്ഞുമംഗലത്തിന് ശൈറം പറച്ചത്തു നൽകണേ തമ്പൂലാണ് പടച്ചവനെ അവസാനം ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവേ സ്വർഗ കവാടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടണെ അള്ളാഹു ഞങ്ങളീ നോമ്പിനെ കബൂലാക്കണേയല്ല ഞങ്ങളുടെ റമലാൻ കപൂലാക്കണേയല്ല പാവങ്ങൾ പൊറക്കപ്പെട്ടത് അയ്യാൻ എന്നൊക്കെ വാടത്തിൽ വിളിക്കുമ്പോൾ അള്ളാഹുബേ ഇത്രയും നേരം ഇവിടെ നിന്ന് മണിക്കൂറുകളോളം പാവപ്പെട്ടു എന്റെ വാക്കുകേട്ട നാളെയും ഞങ്ങൾ നേരത്തെ സാധേ നാളത്തെ വായിൽ പങ്കെടുക്കാൻ എന്ന് പ്രതിജ്ഞ എടുത്തു പോകുന്നു അള്ളാഹിവേ ആരെയും മറക്കല്ലേ അള്ളാഹുബേ വൃക്ക തകരാറുകളായവരണ്ട് നീ ശിപ്പം നൽകണേ അള്ളാഹുബേ ആരോഗ്യ ബുദ്ധിമുട്ടിലായവ രണ്ട് ശിപ്പം നൽകണേ അള്ളാഹുബേ കടത്തിനെ ഹാറ്റ് രോഗികൾ ധാരാളമാണ് ദിവസം ആയിരക്കണക്കിന് പോലെ ഒരു സാധ്യത ഈ മലബാറിൽ അല്ലാതെ വിളിക്കുന്ന ഓരോ സഹോദരങ്ങൾ അവരെ മുറാതെ ഹാറ്റിലാക്കണേ അള്ളാഹുബേ യും ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ മഹാത്തിനാക്ക നാളെ ബാക്കി അടയാളങ്ങളും അതിനുശേഷം ചൂറന്ന കാകളത്തിൽ ഊതിയാൽ ആ ക്ഷണം സംഭവിക്കുന്ന ചില അടയാളങ്ങൾ കുറക്കാൻ പറയുന്നുണ്ട് അതുകൂടി കുറഞ്ഞ സ്വർഗത്തിലെത്തി നമ്മൾ പിരിയും എല്ലാവരും എന്ന വസീയത്തോടെ അസ്സാം വലൈക്കും